യോഗ്യശോ ഗാന്ധാരോവിനഥക്ഷന തോന്നജയ സങ്ങ് ഉദവാധരാ പ്രയത क्षुयादार सग्र ग्राम पंडित मेधावी गेपस्येत എമേ ആചാര്യവാൻ തൃശൂർ വേദ തസ് താതിരം യാവുന്ന വിമോക്ഷവിധോ ജീവനദ്രയോജനഭാവേ പ്രവൃത്തഭാ കർമ്മം അവശ്യമേ മു തവദേ ചരമതിഥോഷചോദത്തി ജീവനാധിപ്രയോജനാ ഭാവി ജീവനം തുടങ്ങിയ പ്രയോജനമില്ലെങ്കിലും പ്രാണധാരണം പ്രവൃത്തഫലാനം കർമ്മണം കർമ്മത്തിന്റെ ഫലം പ്രാണധാരണ ജന്മം അതാണ് ജീവനും ജന്മം പ്രാണധാരണം ജന്മം എന്ന് വെച്ചാൽ പ്രാണധാരണ ജീവന്റെ പ്രാണധാരണ എന്ന് പറഞ്ഞാൽ ജീവന് പ്രാണനിലൂടെ ഈ ശരീരമായിട്ട് ബന്ധം വരുക അതാണ് ജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രയോജനമില്ല പക്ഷെ പ്രവൃത്തഫലാനം കർമ്മണം ആരംഭിച്ചു കഴിഞ്ഞു കർമ്മങ്ങൾ അവശ്യമേവ ഫലോപയോഗസ്ഥ അതിന്റെ ഫല ഉപഭോഗം കർമ്മങ്ങളുടെ ഫലം നമ്മൾ അത് ചർച്ച ചെയ്തതാണ് കർമ്മഫലം ചർച്ച ചെയ്തിട്ടുണ്ട് ഗീതയില് കാരണം മുഖ്യമായ ഫലം സുഖം ദുഃഖം അതിന്റെ ഉപഭോഗം എന്ന് പറഞ്ഞാൽ അനുഭവം അല്ലെങ്കിൽ സാക്ഷാത്കാരവും അപ്പൊ സുഖദുഃഖങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നതാണ് സ്യാദ് കാരണം ഇനി പ്രാണധാരണ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഇനിയൊരു ശരീരം സ്വീകരിക്കുക സംഭവിക്കുന്നത് പക്ഷെ ഈ ജന്മത്തിൽ ഈ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഫല ഉപഭോഗം മുഖ്യമായും സുഖദുഃഖ സശാസ്ത്ര എല്ലാം അത്യന്തിമായും ഫല അനുഭവം തുടങ്ങി രണ്ടിലാണ് നിൽക്കുന്നത് ഒന്നുകിൽ സുഖത്തിന്റെ അനുഭവം ദുഃഖത്തിന്റെ അനുഭവം ബാക്കിയുള്ള ദ്വാത്മകമായ എല്ലാ അനുഭവങ്ങളും ഈ സുഖദുഃഖ അനുഭവങ്ങൾക്ക് ഹേതുക്കളാണ് ജയം സുഖത്തിന് ഹേതുവാണ് പരാജയം ദുഃഖത്തിന് ഹേതുവാണ് അങ്ങനെ മാനം അപമാനം പീഡ ശരീരത്തിന് ദുഃഖത്തിന് ഹേതുവാകും സാന്ത്വന സമാധാന ശരീരത്തിന് സ്വസ്ഥത സുഖത്തിന് ഹേതുവാകും മായ എല്ല അനുഭവങ്ങളും എല്ലാ സംവേദനങ്ങളും അടുത്ത സുഖദുഖത്തിന് കാരണമായി തീരും ഇത് സുഖ ദുഃഖത്തിന് കാരണമായി തീരുന്നാണ് അവിടെ ഒരാൾ സംശയം അസുഖ ദുഃഖത്തിന് കാരണമായി തീരുന്നു എന്ന് പറയുമ്പോ ആ തത്വജ്ഞനും സുഖിയും ദുഃഖിയും ആവുന്നുണ്ടോ പിന്നെ അവിടെ അജ്ഞനിന്നെങ്ങനെ വേർതിരിക്കാൻ കഴിയും നമ്മളിന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാരണം സുഖദുഃഖം എന്ന് പറയുന്നത് അന്ധക്കരണ പരിണാമമാണ് അത് അന്ധക്കരണത്തിൽ രൂപം പ്രാപിക്കുന്നതാണ് സുഖദുഃഖം അതിന് നിമിത്തങ്ങളുണ്ടാകുന്നു അത് ജ്ഞാനിയെ സംബന്ധിച്ചായാലും ശരി അജ്ഞാനിയെ സംബന്ധിച്ചായാലും അത് അന്ധക്കണ്ണത്തിൽ രൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന് ഒളിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല സുഖം ഉണ്ടാവുക അതറിയാതിരിക്കാതെ സംഭവിക്കത്തില്ല ദുഃഖം ഉണ്ടാകുക അതറിയാതിരിക്കാതെ സംഭവിക്കത്തില്ല അതുകൊണ്ട് ഇതിന് സാങ്കേതികമായി പറയും സാക്ഷിഭാസ്യല്ലാൻ പറയും മുൻപിൽ വരിക കാണാതിരിക്കുക അങ്ങനെയല്ല അത് സാധ്യമല്ല ഒരു കാര്യം മനസ്സിൽ വന്നു പ്രകടമായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് അനുഭവ വിഷയമായി എന്നാണ് അനുഭവ വിഷയമാകുമ്പോൾ അവിടെ ജ്ഞാനിക്ക് ജ്ഞാനിക്ക് അജ്ഞനെന്താ വ്യത്യാസം എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്ക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണോ അസുഖ ദുഃഖത്താതാത്മ്യത്തിൽ വരുന്ന വ്യത്യാസം ാണ് ആ വ്യത്യാസം എന്ന് പറയുന്നു സുഖ ദുഃഖാനുഭവങ്ങൾ പൊതുവെ മൂന്നായിട്ട് തിരിക്കും മൃദു മന്ദം തീവ്രം നമ്മൾ ചരിച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ആർക്ക് ഓർമ്മയില്ല തീവ്ര സംവേകം തീവ്രാനുഭവം അത് ഒരേ അനുഭവം തന്നെ തീവ്രമായും മൃദുവായും മന്ദമായും അനുഭവപ്പെടാം അതാ വ്യക്തിയുടെ അന്ധകരണത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ ഉത്പത്തിയും അങ്ങനെ വരുന്നു അനുഭവം അങ്ങനെ വരും രണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട് സുഖഹേതുക്കൾ ബാഹ്യമായിരിക്കുമ്പോൾ അസുഖം ഉത്പന്നമാകുന്നതും വ്യക്തിയില അന്തക്കനുസരിച്ചിട്ടാണ് അല്ല ഒരു കാര്യത്തിൽ ചിലർക്ക് തീവ്രമായ സുഖം അല്ലെങ്കിൽ ദുഃഖം തോന്നുകയും വേറെ ആൾക്കത് പറയും അതിൽ മന്ദമായ മൃദുവായ ഒരേ വിഷയത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഒരാൾക്കൊരു കാര്യം വളരെ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരാൾക്കത് വളരെ മൃദുവായ അല്ലെങ്കിൽ മന്ദമായ വേദന ഉണ്ടാക്കത്തുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായ ദുഃഖം അതിൽ ചർച്ച ചെയ്തത് ശാരീരികമായ ദുഃഖം മാനസികമായ ദുഃഖം ഇപ്പൊ മാനസികമായ ദുഃഖത്തിന്റെ ഉദാഹരണം തന്നെ എടുത്ത ബന്ധു ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്നു മരിക്കുന്നു അമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതുപോലുള്ള ദൃഢമായ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു അങ്ങനെ നഷ്ടപ്പെടുമ്പോ അത് എല്ലാവർക്കും ഒരുപോലെയല്ല ദുഃഖനിമിത്തം ഒരുപോലെയാണ് പക്ഷെ ബന്ധം ഒരുപോലെയാണ് പക്ഷെ ദുഃഖം അനുഭവിക്കുന്ന ഒരുപോലെയല്ല ഒരു വിവേകിയാണെങ്കിൽ വിവേകി എന്ന് പറഞ്ഞിവിടെ ഉദ്ദേശിക്കുന്നവരാണ് അത് വിവേകം കൊണ്ട് തന്നെ പരിത്യജിച്ച സന്യാസി അങ്ങനെ ഒരു വിയോഗം സംഭവിക്കുമ്പോൾ അയാൾ വിവേക ദൃഷ്ടിയിലൂടെ അയല്ല കാണുമ്പോൾ ആ ദുഃഖം അയാളെ സംബന്ധിച്ച് ദുഃഖം ഉണ്ടായില്ലെന്ന് ഇനി ഉണ്ടായാൽ തന്നെ അത് മൃദുവായിരിക്കും എന്തുകൊണ്ട് ആ ബന്ധത്തെക്കുറിച്ചും തന്നെ കുറിച്ചും ഇപ്പൊ അയാളുടെ അറിവ് വേറെയാണ് അറിവിന്റെ വിശേഷത എന്താണ് അറിവില്ലായ ശരീരത്തോട് ഈ ശരീര സംബന്ധിയായി മറ്റ് ബന്ധങ്ങളോട് ഉത്താധാന്യപ്പെടുന്നു അതിനോട് നമ്മൾ പറയുന്നത് നിസ്സംഗത എന്ന് പറയും അപ്പം അവിടെ ദുഃഖം മൃദുവായിരിക്കും എത്രമാത്രം ഇതിനോട് താതാമ്യപ്പെട്ടിരിക്കുന്നു ഈ ശരീരം ഈ ശരീരത്തോട് ബന്ധപ്പെട്ട മറ്റൊരു ശരീരം ആ ബോധത്തിൽ നിന്ന് അഹം മമ എന്നുള്ള ബോധത്തിൽ നിന്ന് വരുന്ന മമത മമതയുടെ തീവ്രതയനുസരിച്ച് ആ ദുഃഖം വർദ്ധിച്ച് ഒരു പക്ഷേ അയാളുടെ ഹൃദയ എന്തോർന്നും മരിച്ചു തന്നെ പോവാം പക്ഷെ അതേ സംഭവത്തെയാണ് വിവേകശാലിയായ ഒരാൾ നിസ്സംഗമായി കാണുന്നു മാനസികമായ ദുഃഖങ്ങളിൽ ഇത് മനസ്സിലാക്കിയ എളുപ്പമാണ് ശാരീരികമായ ദുഃഖത്തിലും വിവേകം കൊണ്ടത് മാനസികമായ ദുഃഖത്തിൽ സാധ്യമാകാമെങ്കിൽ ശാരീരികമായ ദുഃഖത്തിലും അത് സാധ്യമാകും അതിന്റെ തീവ്രത കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ പിന്നെ ആത്മബോധത്തിന് പ്രത്യേകിച്ച് ഒരു വിശേഷതയില്ലാന്ന് വരും ആ ദുഃഖത്തെ നേരിടാനുള്ള ശക്തി അത് വ്യത്യസ്തമായിരിക്കും എന്നോണെങ്കിലും പറയാം അല്ലെങ്കിൽ ആ ദുഃഖത്തെ അതിജീവിക്കുന്നതിനുള്ള ശേഷി അത് വ്യത്യസ്തമായിരിക്കും എന്ന് പറയും അനുദാഹരണമാണ് മാനസികമായി ധൈര്യമുള്ളവർ ധൈര്യം ഇല്ലാത്ത ഒരേ ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരു പല്ലുവേദന ശാരീരിക അത് ധൈര്യമുള്ള ആളാണെങ്കിൽ അത് അതിനെ അവഗണിച്ചിട്ട് തൻ്റെ പ്രവൃത്തിയിൽ മുഴുകും അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എല്ലാ പ്രവൃത്തിയിലും മുഴുകും ഇതിനെ അവഗണിച്ചുകൊണ്ട് അപ്പം ആ പ്രവൃത്തിയിൽ മുഴുകുക പറഞ്ഞാൽ എന്താണ് മനസ്സ് ആ ദുഃഖത്തിൽ നിന്ന് അകലുക എന്നിട്ട് മനസ്സ് മറ്റൊരിടത്ത് കേന്ദ്രീകരിക്കും അങ്ങനെ വരുമ്പോൾ അയാൾ മനസ്സ് എത്രമാത്രം മറ്റെന്തെങ്കിലും കാര്യത്തിൽ വ്യവരിക്കുന്നു എത്രമാത്രം ഏകാഗ്രപ്പെടുന്ന അതിനനുസരിച്ച് ദുഃഖം അയാൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ചില സമയങ്ങളിൽ അയാൾ ദുഃഖത്തെ പൂർണ്ണമായും മറന്നെന്നും വരും എന്തുകൊണ്ട് മനസ്സ് അപ്പം ദുഃഖം അവിടെ നമ്മൾ സാറിന് പറയാനുണ്ടോ ദുഃഖം പക്ഷെ ഞാൻ ആ ദുഃഖത്തെ മറന്നുപോയി എന്ന് പറയും ദുഃഖത്തിന്റെ അതീവ സംവേകം അതിനെ അതിജീവിക്കുന്നതിനുള്ള മനസ്സിന്റെ ഏകാഗ്രത മറ്റൊരു വിഷയത്തിൽ കിട്ടി അവിടെ ദുഃഖം മൃദുവാകുന്നു ഇനി അത് കഴിയാത്ത ഒരാളാണെങ്കിലോ നിലവിളിക്കും മറ്റൊരു കാര്യത്തിലും അയാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല നിലവിളിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ട് അയാളുടെ മനസ്സ് ആ ദുഃഖത്തിലേക്ക് പൂർണ്ണമായും താതാല്മ്യപ്പെട്ടു എന്ന് പറയാം ദുഃഖത്തിന്റെ മനസ്സ് അയാൾക്ക് മാറ്റാൻ കഴിയുന്നില്ല അപ്പം മനസ്സിൽ വരുന്ന ദുഃഖമല്ല നോക്കി മനസ്സിനോട് അഹം എന്നുള്ള ഭാവം എത്രമാത്രം താതാല്മ്യപ്പെടുന്നു എന്നുള്ളതാണ് അഹമ്മമ എന്നുള്ള ഭാവങ്ങൾ അപ്പോ വേറൊരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമാക്കുമ്പോ അത് ആ ദുഃഖം അയാൾ അറിയുന്നില്ല ഒരാളൊരു വലിയ അപകടത്തിൽപ്പെട്ടു കയ്യോ കാലോ ഒക്കെ കുടിഞ്ഞു പക്ഷെ പ്രധാന അറിയുന്നത് അടുത്ത് വലിയൊരു അപകടം വരാൻ പോവുകയാണ് ഇനി ശരീരം തന്നെ നഷ്ടപ്പെടുന്നുകൊണ്ട് കഴിഞ്ഞാൽ ഒടിഞ്ഞ കാലം കൊണ്ടായാലും ശരീരത്തെ രക്ഷിക്കാൻ ഒടിഞ്ഞ കാലിന്റെ വേദന അറിയത്തില്ല കാരണം അത് സംബന്ധിച്ച് ശരീരത്തെ രക്ഷിക്കുക എന്നുള്ളതിലാണ് ശ്രദ്ധ അതേ വ്യക്തി തന്നെ ചെറിയ മുറിവ് കാലിൽ വന്നാൽ ആയതും നടക്കാൻ കഴിയാറുണ്ട് ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത് മാനസികഭാവം അവിടെ ആ വിഷയത്തോട് അഹന്ത കൊണ്ട് താതാന്യപ്പെടുമ്പോഴാണ് അതിൻ്റെ സംവേകം തീവ്രമായി അനുഭവപ്പെടുന്നത് ഏത് വികാരങ്ങളായാലും ശരി ഇവിടെ പറയുന്ന എന്താണ് ആത്മബോധത്തെ കുറിച്ചാണ് ആത്മബോധമുള്ളവന് ശരീരത്തിന്റെയും അന്ധകരണത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാം തത്വത്തെ ഗ്രഹിച്ച ഇതൊന്നും ഗ്രഹിക്കാത്ത തന്നെ ദുഃഖം വന്നാൽ അതിനോട് താതന്യപ്പെടാതിരിക്കാൻ കഴിയുമെങ്കിൽ ആത്മബോധം വന്ന ഒരാള് അത് താതന്യപ്പെടാതിരിക്കും അപ്പം ദുഃഖം അതിനോട് താതന്യപ്പെടണമെന്ന് നിയമമില്ല കാരണം നമ്മൾ ഈ ഉദാഹരണങ്ങളെല്ലാം കാണുന്നു ഒരു സന്ദർഭത്തിലും ദുഃഖത്തെ സ്വീകരിക്കുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ഒക്കെ വ്യക്തിയുടെ മാനസിക നില അനുസരിച്ചിട്ടാണ് തളർന്നിരിക്കുമ്പോൾ ദുഃഖം വന്നാൽ കൂടുതൽ തളരും വളരെ ഉന്മേഷത്തിലിരിക്കുമ്പോൾ ദുഃഖം വന്നാൽ അതിനെ അവഗണിക്കും ഇവിടെയെല്ലാം ആത്യന്തികമായി സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് മനസ്സിന്റെ താതാല്യം എന്ന് പറയുന്നത് മനസ്സിനു ശേഷി ശേഷിയുണ്ട് ഹ്യമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിന് വിട്ടിനീക്കാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ അനുഭവമാണല്ലോ എല്ലാവരും എല്ലാ കാര്യവും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കുന്നു ബാഹ്യമായിട്ട് വന്നു ചിലർ ചില കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ചിലർ അതിനെ ശ്രദ്ധിക്കുന്നില്ല അതിന് പറയും മനസ്സിൻ്റെ ഉദാസീനതെന്ന് പറയും അത് ബാഹ്യമായ വിഷയങ്ങളിൽ മനസ്സിലെങ്ങനെയാണോ വരുന്നത് അതുപോലെ ആന്തരികമായ വിഷയങ്ങളിലും വരാം മനസ്സിന് ഉദാസീനത മനസ്സിന്റെ ശക്തി അനുസരിച്ചിരിക്കും ഉദാസീനത എന്ന് പറയുമ്പോൾ അവിടെ താതാന്യമില്ലാതിരിക്കുക അഹം മമ എന്നുള്ള രീതിയിൽ താതാന്യപ്പെടാതിരിക്കുക ഇപ്പൊ തത്വജ്ഞാനികളുടെ മനസ്സ് എത്രയോ ഉയർന്ന നിലയിലാണ് അതുകൊണ്ട് അവിടെ അന്ധക്കണ്ണത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അത് പറഞ്ഞെന്താണത് കർമ്മണ കർമ്മം കൊണ്ടത് വരും വന്നുകഴിഞ്ഞാൽ ഇത് സുഖമാണ് ദുഃഖമാണ് എന്ന് തിരിച്ചറിയാതിരിക്കുകയെന്നുണ്ടറിയെന്തുകൊണ്ടത് തത്വജ്ഞാനം വന്നു എല്ലാം ബ്രഹ്മമാണ് എന്നൊക്കെ അറിഞ്ഞു എന്ന് വിചാരിച്ച് ബാഹ്യമായി ശബ്ദമായും സ്പർശ രൂപ രസഗന്ധങ്ങൾ അതാതായി ഗ്രഹിക്കാതിരിക്കുന്നില്ല അതെല്ലാം അതുപോലെ തന്നെ ഗ്രഹിക്കുന്നു ബാക്കി വിഷയങ്ങളെ ഗ്രഹണത്തിന്റെ സ്വഭാവത്തിന് മാറ്റം എല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞു ചൂടും തണുത്തും വ്യത്യാസം ഉണ്ടാവുകയില്ല വ്യത്യാസം തന്നെ പ്രപഞ്ചപ്രതീതിക്ക് മാറ്റമില്ല എങ്ങനെയാണ് ബാഹ്യമായ വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപരസ രൂപത്തിലിരിക്കുന്ന അതുപോലെ ആന്തരികമായ വിഷയങ്ങളെയും മനസ്സതുപോലെ തന്നെ ഗ്രഹിക്കുന്നു ശബ്ദസ്പർശ രൂപരസന്ധങ്ങൾക്ക് പേരെ ഇവിടെ കാമക്രോധാദി വികാരങ്ങൾ മനസ്സിൽ പ്രത്യക്ഷമായാൽ അതിനെ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു വ്യത്യാസം ഇത് മാത്രം എന്താണ് അതിൻ്റെ ഒരു അജ്ഞനെ സംബന്ധിച്ച് അതെങ്ങനെയാണോ തീവ്രമായി അനുഭവപ്പെടുന്നത് അതിൻ്റെ സ്ഥാനത്ത് ഒരു തത്വജ്ഞനെ സംബന്ധിച്ച് അത് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ മന്ദമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് അതാ തത്ത്വജ്ഞാനത്തിന്റെ നില കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അത് ലൗകികമായ കാര്യങ്ങളിൽ തന്നെ അങ്ങനെ സംഭവിക്കാം ധ്യാത്മികമായ കാര്യത്തിൽ സംഭവിക്കും അല്ലെങ്കിൽ നിസ്സംഗത ഉദാസീനത തുടങ്ങിയ കാര്യങ്ങൾ വിഷയഗ്രഹണം ഉള്ളപ്പോഴേ ഉള്ളൂ വിഷയഗ്രഹണമില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു മനോവൃത്തിക്ക് ആവശ്യമില്ല നിസ്സംഗനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദസ്പർശാദി വിഷയങ്ങൾ മനസ്സിനെ ആകർഷിക്കുന്ന വിഷയങ്ങളുടെ ആ സാന്നിധ്യത്തിൽ മാത്രമേ ആ നിസ്സംഗതയുടെ ആവശ്യം വരുന്നുള്ളൂ സുശക്തിയിലും നിസ്സംഗതയുടെ ആവശ്യമില്ല സമാധിയിലും നിസ്സംഗതയുടെ ആവശ്യമില്ല അതാണ് അവിടെയെങ്കിലും വിഷയമില്ല താതാത്മ്യമില്ലാതിരിക്കുക എന്ന് പറയുന്നത് വിഷയ സാന്നിധ്യത്തിൽ തന്നെ പിന്നെ അതിന്റെ ആവശ്യം അതുകൊണ്ട് വിഷയാനുഭവം ഉപഭോഗം എന്ന് പറയുന്നത് തത്വജ്ഞനവും ഉണ്ടാകും പക്ഷെ അനുഭവത്തിന്റെ തോതിന് വ്യത്യാസം വരുന്നുവെന്ന് മാത്രം അതിന് കഴിഞ്ഞു അത് ഇവിടെ പറഞ്ഞ് മുക്തയേശു തസ്യ താവതവെച്ചനം ഇത് യുക്തമേ മുക്തയേശു ദൃഷ്ടാന്ത ഇതൊക്കെ അങ്ങ് അവസാനിച്ചുകൂടെ സാധ്യമല്ല വേഗം അതാണ് അതിനെ നയിക്കുന്നത് അത് ലക്ഷ്യത്തെ സാധിച്ച ജ്ഞാനസമ്പാദനമാണ് ലക്ഷ്യം അത് സാധിച്ചു കഴിഞ്ഞാലും ഈ അസ്ത്രത്തിലെ വേഗം അവസാനിക്കണമെന്നില്ല ചിലപ്പോൾ അവസാനിച്ചൊന്നും വരാം ആചാര്യൻ വിദ്യ തുടങ്ങിയത് ഇന്നും അവശേഷിക്കുന്നോണ്ട് മനസ്സിലാക്കാൻ തന്നത് അവസാനിച്ചില്ല ലക്ഷ്യ ഭേദനത്തിന് ശേഷം അത് കുറച്ചുകൂടി മുമ്പോട്ട് പോയാണ് താഴേണ്ടത് തത്വജ്ഞാനപ്രാപ്തിക്ക് ശേഷവും ആ ശരീരം വീണ്ടും മുമ്പോട്ട് പോകുമെന്ന് പതിക്കുന്നു പറഞ്ഞു ജ്ഞാനോത്പത്തിക്ക് ശേഷം വീണ്ടും വിഹിത നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യും അതിന്റെ ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന് സമ്മാനം പറയുന്നു ജ്ഞാനോത്പത്തി ഊർധ്വം ചെയ ബ്രഹ്മവിധ കർമാഭാവം അപോചാമാണ് അത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസംസ്തമൃത്വമേദി തത്വജ്ഞാനിക്ക് കർമ്മമില്ല എന്നുള്ള കാര്യം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗീതയിലും മറ്റു പുനിഷത് ഭാഗങ്ങളിലും എല്ലാം അതായത് ജ്ഞാന ഉത്പത്തിക്ക് ശേഷമുള്ളത് കർമ്മം എന്നുള്ള ഉദ്ദേശിക്കുന്നു ആ കർമ്മം ഫലത്തെ കൊടുക്കത്തില്ല എന്ന് ജ്ഞാനോത്പത്തിക്ക് ശേഷം കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി ഇല്ല പിന്നെ എങ്ങനെ കർമ്മം വരും അവിടെ കർമ്മമേ ഇല്ല എന്നുള്ളതാണ് ബാഹ്യമായി കർമ്മത്തെ തിരിക്കുന്നു ഇല്ലേ എന്നുള്ളതല്ല മുഖ്യമായിട്ട് ആന്തരികമായി കർമ്മമില്ല കർമ്മിക കർമ്മയോ പശ്യ കർമ്മിക കർമ്മയോ അവിടെയൊക്കെ നമ്മളത് ചർച്ച ചെയ്തതാണ് പക്ഷികാരൻ പറഞ്ഞു തത്വജ്ഞാനിയുടെ കർമ്മത്തെ കർമ്മമായി ഗണിക്കാൻ പാടില്ല ജനകന്റെയും മറ്റു ഉദാഹരണം പറഞ്ഞു തത്വജ്ഞാനത്തിൽ കർത്തൃത്വം ഇല്ലാത്തതുകൊണ്ട് കർമ്മമല്ല പിന്നെ ഇവിടെ പറഞ്ഞല്ലോ പ്രവൃത്ത ഫലാനം കർമ്മണ ഇനി കർമ്മ സംസ്കാരം കൊണ്ട് ഈ ശരീരത്തിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ അങ്ങനെ ചെയ്യേണ്ട രീതിയിൽ കർമ്മങ്ങൾ വന്നു ചേർന്നാൽ അതിനിടെ കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ ആ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് കർമ്മമായി ഗണിക്കുന്നില്ല അതിന്റെ ഫലത്തെക്കുറിച്ച് എനിക്ക് തന്നെ കാര്യമില്ല കർമ്മമില്ലെങ്കിൽ തന്നെ കർമ്മഫലുണ്ട് ഇപ്പൊ തത്വജ്ഞനെ സംബന്ധിച്ച് ബാഹ്യമായി കർമ്മം ചെയ്യുന്നു ഇല്ലയെന്നുള്ളതല്ല തത്വജ്ഞനെ സംബന്ധിച്ച് ആന്തരികമായി കർമ്മം നിലനിക്കുന്നോ ഇല്ല എന്നുള്ളതാണ് അതീ കാര്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും തന്നെ ബന്ധിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ നൽകുന്നില്ല അന്ധക്കരണത്തിൽ കർമ്മ സംസ്കാരം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബാഹ്യമായും കർമ്മം ചെയ്യാം അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ അതിൻ്റെ നിശ്ചയിക്കാൻ പറ്റില്ല ഇനി ആ കർമ്മ സംസ്കാരം കർമ്മത്തെ ത്യജിച്ചിരിക്കാം കർമ്മത്യാകാം ഇനി പ്രാണധാരണത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ അന്നപാനാദി വിഷയങ്ങൾ അത് മാത്രമായിരിക്കാം അതിനപ്പുറം ലോകസംഗ്രഹപ്രവർത്തനങ്ങളാണ് എല്ലാം ഒരു തത്വജ്ഞാനെ സംബന്ധിച്ച് നിശ്ചയിക്കാമേ ഇന്ന കർമ്മം ചെയ്യുന്നു ഇന്ന കർമ്മം തിരിക്കുന്നു ഭക്ഷ്യകാരനും കാര്യത്തിൽ പറയും എന്താണോ അവിടെ കാമനയില്ല അതുകൊണ്ട് കാമി കർമ്മങ്ങൾ ചെയ്യുന്നില്ല എനിക്ക് സ്വാർത്ഥ കാമനകളില്ല കാമന എന്ന് പറയുന്നത് അതാണ് എനിക്ക് സ്വർഗത്തിൽ പോകണം ആ സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി ജ്യോതിഷോമം ചെയ്യണം ഇങ്ങനെയുള്ള പ്ലാനുകളില്ല അപ്പൊ സ്വാർത്ഥമായി ചെയ്യുന്നില്ല അവിടെ സ്വാർത്ഥത ഇല്ലല്ലോ അഹന്ത ഇല്ലാതിരിക്കുമ്പോൾ അങ്ങനെ സ്വാർത്ഥത വരും അഹന്തയും അഹമ്മതി ഇല്ലാതെ കർത്തൃത്വം ഭോക്തൃത്വം ഇല്ലാതെ ഉള്ള കർമ്മങ്ങൾ പറയുമ്പോൾ സ്വാർത്ഥത സ്വഫലം പ്രേരകമാവുന്ന കർമ്മങ്ങളവിടെ വരത്തില്ല അതുകൊണ്ടാണ് കാമ്യ കർമ്മങ്ങളില്ലാന്ന് പറയുന്നത് പരദ്രോഹം നിഷിദ്ധകർമ്മം അത് വരുന്നില്ല അത് പ്രേരകമായി വരുന്ന കർമ്മങ്ങളില്ല സഹജമായ കർമ്മങ്ങൾ സ്വാർത്ഥ ചിന്ത കൂടാതെയുള്ള കർമ്മങ്ങൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ സംഭവിക്കാം അത് പരാർത്ഥമായതുകൊണ്ട് അതിനെ പറയുന്നു ലോകസംഗ്രഹ കർമ്മങ്ങളെന്ന് പറയും അതിനെ കർമ്മമായിട്ട് ഗണിക്കുന്നുണ്ട് കാരണം അവിടെ ഈ പറയുന്ന താതാത്മ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അഹന്ത മമതകളില്ല അതിന് ഭാഷകാലം പറഞ്ഞു അതിന് കർമ്മാഭാസം കർമ്മം പോലെ പ്രതീതമാകുന്നു എന്ന കർമ്മമല്ല അതുകൊണ്ട് ജ്ഞാന ഉത്പത്തിക്ക് ശേഷം കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നത് അസംബന്ധമാണ് ഒരാൾ ഒരു തത്വജ്ഞാനി കർമ്മം ചെയ്യുക പിന്നീട് അതിൻ്റെ ഫലമായി പല ജന്മങ്ങൾ വീണ്ടും സ്വീകരിക്കേണ്ടി വരുക എന്നൊക്കെ പറയുന്നത് സംബന്ധമാണ് അങ്ങനൊന്നും സംഭവിക്കത്തില്ല പണ്ട് തത്വജ്ഞാനിയിൽ വരുന്ന സർവവും പിന്നീട് കേവല പ്രാരബ്ധിക്കാൻ പറ്റും കേവല പ്രാരബ്ധെന്ന് പറയുന്നത് എന്താണ് അജ്ഞന്റെ പ്രാരബ്ധത്തിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അജ്ഞശരീരവും പ്രാരബ്ധനം തന്നെ ജ്ഞാനിയുടെ ശരീരവും പ്രാരജജനത്തിൽ തന്നെ പ്രാരബ് എന്ന് ഫലം കൊടുക്കാൻ ആരംഭിച്ച കർമ്മത്തിന്റെ ഫലമായി വന്നതെന്ന പ്രാരബ്ധ പ്രാരബ്ധവും ഞാനീടെ പ്രാരബ്ധവും തമ്മിലെന്താണ് വ്യത്യാസം അതെന്ന് പറയുന്നത് കേവല പ്രാരബ്ധം അജ്ഞന്റെ പ്രാരബ്ധം കൊണ്ട് ഈ ശരീരം പക്ഷെ അജ്ഞനൻ അത് കൂടാതെ അഹന്ത മമതാ കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം വരുന്നു അജ്ഞന്റെ പ്രാരബ്ധെന്ന് പറയുന്നതിൽ ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട് അജ്ഞാനുൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് പ്രാരബ്ധത്തിന്റെ ഫലമായി വീണ്ടും ജന്മങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ വീണ്ടും ജന്മങ്ങളുണ്ടാവും അപ്രാരബ്ധത്തിന്റെ സഹായത്തോടു കൂടി ജ്ഞാനിയുടെ പ്രാരബ്ധെന്ന് പറയുന്നത് കേവലം അത് മാത്രം അവിടെ അജ്ഞാനമില്ല അഹന്ത മമതയില്ല കർത്തൃത്വ ഭോക്തൃത്വങ്ങളില്ല അതുകൊണ്ടത് പിന്നീട് ഫലം കൊടുക്കുന്നതിന് ശേഷിയുള്ളതല്ല ആണ് രണ്ടും മുന്നിൽ വ്യത്യാസം അതുകൊണ്ട് തത്വജ്ഞന്റെ അനുഭവം അജ്ഞന്റെ അനുഭവം രണ്ടും രണ്ടാണ് വിവേകമുള്ളവന്റെ അനുഭവം വിവേകം ഇല്ലാത്തവന്റെ അനുഭവം രണ്ടാണ് പക്ഷേ രണ്ടു കൂട്ടരെ സംബന്ധിച്ച് വിഷയങ്ങൾ ഒന്നു തന്നെ അടുത്ത സേശോ അണിമ എമിവിധം തത്സത്യം സ ആത്മാ തേതീയതോ ഇനി ഭൂയേവൻ വിജ്ഞാപയ തധാസ്വമേധി ഹോവാച സുക്താർഥം അതൊന്ന് വ്യാഖ്യാനിച്ചതാണ് വിദ്വാൻക്രമേണ സത്സമ്പദ് എങ്ങനെയാണ് അതിന് ദൃഷ്ടാന്തത്തിലൂടെ तथा വിജ്ഞാപയ തഥസരി ഉച്ചഷസോമ്യാതയ പരിപാസത്തെ തന്നമനസി സമ്പാണേ പ്രാണസ്തേജസി തേജപ്പരം അഥ യഥനസിന്ജസി തേജപ്പരസം ദ സേശവണിമേദാത്മ്യദം തത്സത് സത്മാശേകോതി ഭൂമി തധസ്വധി ഉച്ച സമാനം യുദ്ധി മരിഷ്യതോ മുതശ്ച तुल्या तत्रा उता। जिराज त्रांध नोम्यपतापर उपासते। ഇനി ഒരാൾ മരിക്കാൻ പോകുന്ന ഒരാളിന്റെ ഉദാഹരണം പറയുകയാണ് മരണമെടുത്തു ജ്വരപ്പത്താപ്പ ബന്ധം ജ്വരപീഡിതനായി മരണസമയത്ത് വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ അതുകൊണ്ട് പനിയും മറ്റും വന്നു മരിക്കുമെന്ന് കണ്ടു ബന്ധുക്കളെല്ലാം മക്കളും ചെറുമുക്കളുമെല്ലാം ചുറ്റും വളഞ്ഞിരിക്കുന്നു ഞാതോ ബാന്ധവ അവരെല്ലാം ചുറ്റും കൂടി ശ്രദ്ധിച്ചിരിക്കുകയാണ് എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് മമ്മൂഷനാസി പിതരും പുത്രം ഭ്രാതരും ചുറ്റും കൂടിയിരിക്കുന്നവർ ചോദിക്കുകയാണ് നീ അച്ഛനെ അറിയുന്നുണ്ടോ മകനെ അറിയുന്നുണ്ടോ സഹോദരനെ അറിയുന്നുണ്ടോ ഭാര്യ അറിയുന്നുണ്ടോ ഭർത്താവിനെ അറിയുന്നുണ്ടോ അങ്ങനെ ചുറ്റും ഇരിക്കുന്നവർ അവരുടെ ബന്ധം അനുസരിച്ച് ചോദിക്കുന്നു മരിക്കുന്നാണ്ടോ ചോദിക്കുന്നു ഇന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല കാരണം വെന്റിലേറ്ററിൽ കൂടെ മരിക്കുന്ന കാര്യമില്ല പറയുന്നു ഡോക്ടറും നേഴ്സും മാത്രമേ അവരിതൊന്നും ചോദിക്കത്തില്ല ഇതങ്ങനെയല്ല പഴയകാലത്ത് ഒരു അമ്പത് വർഷത്തിന് മുമ്പുള്ള മരണത്തെ ബന്ധുക്കളെല്ലാം ചുറ്റും വന്നിരിക്കും പറഞ്ഞ സമയത്ത് ഓരോരുത്തരും ചോദിക്കും എന്തോ അറിയാമോ എന്നെ മനസ്സിലായോ ഇരിക്കുന്ന ഞാനാണ് മനസ്സിലാകാൻ പോകുന്ന കണ്ടടുത്ത് മരിക്കാൻ പോകുന്ന ആളുടെ അടുത്താണ് ചോദിക്കുന്നത് പരിചയം മനസ്സിലായോ മനസ്സിലാക്കിയിട്ട് വിശേഷമൊന്നുമല്ല എന്നാലും ചോദിക്കും മനസ്സിലായോ ഞാൻ പറയുന്നു ആ നീ അറിഞ്ഞ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായതുപോലെ ഭാവിക്കും ചിലരെ ചിലപ്പോൾ മനസ്സിലാകാതിരിക്കും തത്സ്യമൂർഷോഹോ ഇപ്പോ പറയും ഇത് പറഞ്ഞാണ് ആദ്യമൊക്കെ മനസ്സിലാക്കുന്നു ആദ്യം കയ്യും കാലുമൊക്കെ പോക്കുന്നു അടുത്തിരിക്കുന്നവരെ പിടിക്കാനൊന്ന് ശ്രമിക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ചുണ്ടനക്കുന്നു സംഭാഷണം വരുന്നു പുറത്ത് വരുന്നില്ല പിന്നെ കണ്ണടയ്ക്കുന്നു തുറക്കുന്നു പിന്നീട് അതുമില്ലാതായിത്തീരുന്നു ആ മരണം സംഭവിക്കുന്നു യവന്ന വാങ് മനസ്സിൽ സമ്പദ്തേ ക്രമത്തില് ശരീരത്തിലുള്ള പ്രാണചലനങ്ങൾ അത് ഓരോന്നോരോന്നായി കുറയുന്നു അതെല്ലാം മനസ്സിലേക്ക് ലയിക്കുന്നു വാക്ക് അതുപോലെ തന്നെ മനസ്സിൽ ലയിക്കുന്നു വാക്ക് ശരീരം ജലിക്കാതാകുന്നു അപ്പോൾ പ്രാണന്റെ പ്രവർത്തനം മനസ്സിലായി പിന്നെ വാക്ക് ജലിക്കാതാകുന്നു അതും മനസ്സിലായി പിന്നെ മനസ്സും ജലിക്കാതാകുന്നു വാക് മനസ്സ് സംബന്ധിത മനപ്രാണെ സർവം ആ ജീവനിലേക്ക് പ്രാണ തേജസ്വി തേജ്പരസ്യാൻ ദൈവതായ എല്ലാ ജീവനിലേക്ക് സംഭവിക്കുന്നു സ്ഥൂലമായ ഇതല്ല സൂക്ഷ്മത്തിൽ സൂക്ഷ്മമെല്ലാം ജീവൻ ആ ജീവനോ ബാഹ്യ ബോധമില്ലാതെ സത്തിലേക്ക് ഏകീകരിക്കുന്നു മരണത്തിൽ സമയത്തും അതിൽ സംഭവിക്കുന്നു സുഴ്ത്തി പോലെ എന്ന് പറഞ്ഞു തെജപ്പരസ്യാൻ ദേവതായ നുറിന സത്ത് ഏതാണോ ഇതിനേക്കു സൃഷ്ടിച്ചത് തസൃഷ്ട്രാവശ്യത്തിനാണ് സൃഷ്ടിച്ചതിലേക്കാണ് പ്രവേശിച്ചു അപ്പൊ സൃഷ്ടിച്ച അതിന് സത്തിനൂടെ പറയുന്ന പരദേവത അതിലേക്ക് വിലയിക്കുന്നു വീണ്ടും സൃഷ്ടി നിന്നുള്ളതുപോലെ ഉണർന്നു വരുന്നു സൃഷ്ടിയുമായിട്ട് അവിടെ വ്യത്യാസമുണ്ട് അവിടെ എന്തു ചെയ്തു സുപ്തിയിൽ ശരീരം നശിക്കുന്നില്ല ഇവിടെ ആ സ്ഥൂലമായ ശരീരം നശിച്ചുപോയി അവിടെ മരണത്തിൽ നിന്ന് പിന്നെ സൂക്ഷ്മമായ ശരീരത്തിലേക്ക് സ്ഥൂലമില്ലാത്തതുകൊണ്ട് പിന്നെ ആ ശരീരത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് ഇന്ന് വേറെ ശരീരം അന്വേഷിച്ചു വേറെ ശരീരത്തെ തേടി പിടിക്കുന്നു പിന്നെ വീണ്ടും ആ ശരീരമായിട്ട് ബന്ധം നേരത്തെ പറഞ്ഞ ജീവനും പ്രാണധാരണം ആ പ്രാണധാരണത്തിന് വേണ്ടി ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നു അത് മരണത്തിനൊന്നും പോകും അങ്ങനെയല്ല പ്രാണധാരണത്തിന് വേണ്ടി ശരീരത്തിന് മാറ്റം വരുന്നു കാരണം ബാല്യം യൗവനം വർദ്ധക്യം ഈ പരിണാമങ്ങൾ ശരീരത്തിന് വരുത്തിക്കൊണ്ട് ആ ശരീരത്തെ സ്വീകരിക്കുകയും വിടുകയും ചെയ്യുന്നു മരണം വരെ ഒരു ശരീരത്തിലല്ല സൃഷ്ടത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ശരീരം മാറുന്നു നിരന്തരം പരിണമിക്കുന്ന ശരീരത്തിലേക്കാണ് വരുന്നു അതാണ് ബാല്യ യൗവന വാർദ്ധക്യം ഇവിടെ ഒരു ശരീരത്തിന്റെ തന്നെ അവസ്ഥാ ഭരണമാണ് മരണശേഷമാണെങ്കിലും വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു അതിലും ഇതേ അവസ്ഥാ ഭരണ ബാല്യം ശൈസവും ബാല്യം യൗവനം വാർദ്ധക്യം അതിൻ്റെ നാശത്തിൽ വിടുന്നു രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും മരണത്തിൽ ശരീരത്തെ സ്ഥൂല ശരീരത്തെ വിട്ടിട്ട് പുതിയൊരു സ്ഥൂല ശരീരം എടുക്കുന്നു മൊത്തത്തിൽ ശരീരം മാറുന്നില്ല കാരണം മുഖ്യം സൂക്ഷ്മ ശരീരമാണോ അതങ്ങനെ തന്നെ ഉണ്ട് അതിനോടുള്ള താതാമ്യത്തെ വിടുന്നില്ല അതിനപേക്ഷിച്ച് സ്ഥൂല ശരീരം ഒന്നുമില്ല തുച്ഛമാണ് കാരണം അതൊരു ചെറിയ കാലത്തേക്കെയും സൂക്ഷ്മ ശരീരം അനാദിയാണ് മുക്തി വരെ അനന്തമായി തുടരുന്നാണ് അപ്പോൾ അതിന്റെ സ്വീകരണം അതിന്റെ കുടലാണ് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും സുരക്ഷയും മരണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സുഷത്തിൽ തിരിച്ചു വന്നപ്പോ സ്ഥൂല ശരീരം കൂടി കിട്ടിയെന്നേ ഭരണത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സൂക്ഷ്മ ശരീരം ശരീരത്തിലേക്ക് വരും രണ്ടിടത്തും ചെയ്യുന്നു പരസ്യം ദേവതായ ആ പരദേവതയും ഇതുപോലെയാണ് സത്സമ്പത്തി എന്ന് പറയുന്നത് സശസ്തി പോലെ അല്ലെങ്കിൽ മരണം പോലെ കേവലമായ ആത്മാവിന്റെ അല്ല തുഴ്ചയിൽ നിന്ന് എന്തുകൊണ്ട് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നു അതുപോലെ മരണത്തിൽ നിന്നും വീണ്ടും ശരീരത്തെ സ്വീകരിക്കുന്നു സംസ്കാരം കൊണ്ട് അതിങ്ങനെ ആവർത്തിക്കുന്നു സംസാരനോയോ മരണകർമ്മസ്ഥയോ അയം വിദുഷോപി സസമ്പത്തിക്രമ എത്തിയ വിദ്വാന്റെ സമ്പത്തിയും ജ്ഞാനില്ല അജ്ഞന്റെ സത്സമ്പത്തി നമ്മുടെ ഒരു വ്യത്യാസമില്ല സംസാരിനോയോ മരണക്രമ സംസാരിയുടെ മരണക്രമ എന്ന് പറഞ്ഞാൽ എന്താണോ ഈ ജ്ഞാനും മരിക്കുന്നതും അജ്ഞാനി മരിക്കുന്നത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇന്നും അന്നും ഒരു വ്യത്യാസമില്ല ഇന്നും അന്നും വ്യത്യാസമില്ലെന്ന് പറഞ്ഞു അന്നിങ്ങനെ സ്വാഭാവികമായും മരിക്കും എല്ലാവരും ചുറ്റും കൂടിയിരിക്കുമ്പോൾ ഓരോന്നും ഓരോന്നും വിട്ടു പോകും ജ്ഞാനിയും അജ്ഞാനിയും അന്ന് അങ്ങനെ ഇന്ന് ജ്ഞാനിയും അജ്ഞാനിയും രണ്ടുപേരും വെന്റിലേറ്ററിലാണ് മരിക്കുന്നു അതും ഒരു വ്യത്യാസമുണ്ട് സൈവായും വിദുഷോപി എവിടെയെങ്കിലും മരിച്ചെങ്കിൽ സത്സമ്പത്തി കർമ്മ ഇത്യേത പരസ്യം ദേവതായാം തേജതി സമ്പന്യജാനാതി തേജസ്സൽ ഏകീഭവിച്ചാൽ പിന്നെ അറിയുന്നുണ്ട അവിദ്വാൻസ് സദബുദ്ധായ പ്രാഗ്ഭാവിതം വ്യാഖ്രാദി ഭാവം ദേവ മനുഷ്യ അജ്ഞനാണെങ്കിലോ അവിടെ ഒന്ന് വീണ്ടും ഉണർന്നു സൃഷ്ടിയിൽ നിന്നും മരണത്തിൽ നിന്നും ഉണരുന്നു അജ്ഞ മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവന്മാർ പ്രാഗ്ഭാവിതം വ്യാഖ്രാദി ഭാവം മുമ്പ് തന്നെ വ്യാഘ്രാദിഭാവത്തെ ദേവഭാവത്തെ മനുഷ്യഭാവത്തെ അതിനെ പ്രവേശിക്കുന്നു പ്രകാശിതം സത് ബ്രഹ്മാത്മാനം പ്രവേശ്യാവർത്തേഴ് സസമ്പത്തിക്രമ വിദ്വനാണെങ്കിലോ ശാസ്ത്ര ആചാര്യ ഉപദേശജനിത ജ്ഞാനീപ്രകാശിതം ശാസ്ത്രം ഉപദേശം ഇവയിൽ നിന്നുണ്ടായ ജ്ഞാനദീപത്താൽ പ്രകാശിപ്പിക്കപ്പെട്ട ആ സത്ബ്രഹ്മാത്മാനം സത്ബ്രഹ്മസ്വരൂപത്തെ ആ സത്സ്വരൂപത്തെ പ്രവേശി അതിനെ പ്രവേശിച്ചിട്ട് നാവൃത്തന്തെ വീണ്ടും ജനിക്കുന്നില്ല വിത്യേഷ സത്സമ്പദ്ക്രം ഇതാണ് സത്സമ്പദ് അല്ലാതെ രണ്ടുപേരും മരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമില്ല പക്ഷെ ജ്ഞാനി അങ്ങനെ മരിക്കുന്നു മോശം അജ്ഞാനിയെ പോലെ മരിക്കുന്നത് അവസാനം മക്കളെല്ലാം എടുത്തു വന്നിരുന്നു നാവില് ഗംഗാജലമൊക്കെ ഒഴിച്ച് മരിക്കുന്ന ഒരു മരണമുണ്ടല്ലോ അതുപോലല്ലല്ലോ ജ്ഞാനി മരിക്കേണ്ടത് മരണമടുക്കുമ്പോൾ വടി പോലെ എഴുന്നേറ്റിരിക്കണം പത്മാസനം പിടിക്കണം മൂക്കൽ പിടിക്കണം കുച്ചി പൊട്ടിക്കണം അങ്ങനെ മരിക്കണമെന്നാണല്ലോ അല്ലെങ്കിൽ പിന്നെന്തോന്നു സ്വാമി അതുകൊണ്ടാണ് പല സ്വാമിമാരും മരിക്കാൻ നേരത്ത് ചാടി എഴുന്നേൽക്കുന്നത് മരണവേദനയെക്കാളും വലുതാണ് മാനക്കേട് കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്തു പറയും ചാടി എഴുതി ഇരുന്ന് മരിക്കാനൊക്കത്തില്ല കിടന്നു മരിക്കാനൊക്കെ അതിന്റെ ഇടയ്ക്ക് മരിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സി അതിന്റെ ആവശ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത് അന്യത് മൂർധന്യ നാട്യ ഉത്കർമ്മ്യ ആദിത്യതി അതാ സംബന്ധമാണ് ഈ പറയുന്നത് അങ്ങനെ ചിലത് പറയുന്നുണ്ട് എന്താണ് മൂർധന്യ നാട്യ മൂർധാവിൻ്റെ ഒരു നാടിയുണ്ട് ആ നാടിയിലൂടെ അവിടെ നാടിയുള്ളതൊക്കെ വാസമാണ് അതിലൂടെ പോക്കു വരവൊക്കെ ഉണ്ട് പക്ഷേ ഉത്രി അതിലൂടെ ഉത്ക്രമിച്ച് ഉത്രിമിച്ചാൽ പിന്നെ അതിൻ്റെ വഴിയുണ്ട് ആ വഴിയേ പോകണം ആദിത്യാദിദ്വാരണം പറഞ്ഞല്ലോ ഉത്തരായണം ദക്ഷിണായന മാർഗ്ഗങ്ങളെ കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു ആ വഴിക്ക് എല്ലാം സഞ്ചരിച്ച് സത് ഗച്ഛന്തി സത്തിനെ പ്രാപിക്കുന്ന സത്തിന് അങ്ങനെ വേണം ഇത്യാഹു എന്ന് പറയുന്നത് തഥാസത്തഥാ സംബന്ധമാണ് തത്വം ഞാനിക്കങ്ങനെ ഒരു ഒന്നിൻ്റെ ആവശ്യമില്ലാണത് പക്ഷേ പല മഹാത്മാക്കളുടെയും കുറിച്ചും പറയുമ്പോൾ പറയും ചുറ്റും കൂടിയിരിക്കുന്നവർ പറയും ഞങ്ങൾ കണ്ടതാണ് അവസാനം ചാടി എണീറ്റ് എന്തോ ചില പരിപാടികളൊക്കെ ചെയ്തു അങ്ങനെയാണ് മരിച്ചതെന്ന് പറയും ദൃക്സാക്ഷികളാണെന്ന് പറയും ഇത് പറയുന്നതും ഇതാണ് കാരണം സ്വാഭാവികമായി കിടന്നും മരിച്ചെന്ന് പറഞ്ഞ് പുറം ലോകം അറിഞ്ഞുകഴിഞ്ഞാൽ അത് ഗുരുവിന് നാണക്കേടാണെന്ന് കരുതി ചുറ്റും കൂടിയിരിക്കുന്ന അജ്ഞന്മാരായ ആൾക്കാരെ ശിഷ്യന്മാരോ ഭക്തന്മാരോ അവര് പറഞ്ഞുണ്ടാകുന്നതാണ് മഹാത്മാക്കളെ സംബന്ധിച്ചിടത്ത് അങ്ങനെയായിരുന്നു മരിച്ചതെന്നൊക്കെ അവിടെ ഇങ്ങനെ ഒരു ധാരണയുണ്ട് സ്വാമി കടന്ന് മരിക്കാൻ പാടില്ല ഇരുന്നേം മരിക്കാവൂറ്റവും രസകരമായ കാര്യം ഇപ്പൊ അങ്ങനെ കടന്ന് മരിച്ചു കഴിഞ്ഞാൽ അവസാനം ആ ശവത്തിനെ പിടിച്ച് വളച്ച് ഓടിച്ച് ഇരുത്തി കയ്യും കാലും ഒക്കെ കൂട്ടിക്കെട്ടി ഞാനങ്ങനെ എത്ര പേരും കൂട്ടിക്കെട്ടിട്ടില്ല ഇരുത്തി ആൾക്കാർ വന്ന് കാണുമ്പോ ഇരുന്ന് മരിച്ചതുപോലെ തോന്നുന്നു ഇങ്ങനെയും ചെയ്തു ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുജനം അങ്ങനെയാണ് ചെയ്യണമെന്നാണ് സമാധി അതാണ് സമാധി എന്ന് പറയുന്നത് ലോക നടപ്പനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്തു വരും പിന്നെ അങ്ങനെ ചെയ്തു വെച്ചാൽ കാണാനിടിച്ചെന്തൊക്കെയുണ്ട് അത് ശരിയാണ് കിടക്കുന്നതിലും നല്ലതാണ് ഇരിക്കുന്നത് അവസാനം പക്ഷെ ഈ ഭക്ഷ്യഗാനം പറയുന്നവരെ ഇതൊക്കെ അസംബന്ധമാണ് എന്തെന്നും ആവശ്യം ഇതെല്ലാം പറയുന്നത് തത്വജ്ഞാനിയുടെ കാര്യമാണ് പിന്നെ യോഗികൾക്ക് ഇതൊന്നും മരിക്കാം അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിവിടെ എത്ര പേര് ഇരുന്നു ഉറങ്ങുന്നു അതങ്ങനെ സാധിക്കുന്ന പരിചയം കൊണ്ട് വർഷങ്ങളായി രാവിലെ ഒന്നര മണിക്കൂർ ഇരുന്നിറങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് ഇറങ്ങാൻ അടുത്തിരിക്കുന്നവരുപോലും അറിയത്തില്ല അതുപോലെ ഇരുന്ന് അഭ്യാസങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ഇരുന്നുകൊണ്ട് പ്രാണായാമം പോലെയുള്ള അഭ്യാസങ്ങൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാല് അങ്ങനെ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന് അഭ്യാസം ചെയ്യുമ്പോൾ തന്നെ കാറ്റ് പോവും അറിയത്തില്ല അതിന് യോഗിയാവണമെന്നില്ല സാധാരണ മനുഷ്യരെ തന്നെ ഇരുന്ന് മരിക്കുന്നവരുണ്ട് ചില പ്രവർത്തികളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഇരുന്നങ് മരിക്കും ചില വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ വണ്ടിയിലിരുന്ന് മരിക്കും ചില യാത്ര ചെയ്യുമ്പം ബസ്സിലിരുന്ന് മരിക്കും ചിലത് ഉറക്കത്തിൽ കിടന്നു ഉറക്കത്തി മരിക്കും അപ്പം മരിക്കുന്ന ഒരു വലിയ കാര്യം സാധാരണ മനുഷ്യരും അങ്ങനെ മരിക്കാറുണ്ട് സ്ഥിരം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്നെ തീരും അതുപോലെ ഒരാളിങ്ങനെയുള്ള അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചം മരിച്ചു പോകാം അതൊരു വലിയ യോഗികൾ ഇങ്ങനെ അഭ്യാസം ചെയ്യും മുമ്പ് അത് ഗീതാ ഭാഷത്തിലൂടെ തെരച്ചെത്തി മൂല്ധന്യ ഹൃദയ നാടിയിൽ പ്രകാശൊക്കെ കാണുന്നു അവിടെ അതിനകശീലിച്ചു വരുന്നവർ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അഭ്യാസത്തിൽ അങ്ങ് മരിക്കാം അല്ലേ കുട്ടികളെ ശ്രദ്ധിച്ചാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങും പാട്ട് കേൾക്കുമ്പോൾ ഉറങ്ങും ശസം കത്തി ഉറങ്ങും അപ്പോൾ ഏത് വിഷയത്തിൽ ഇരിക്കുമ്പോഴും ഒരാൾക്ക് ഉറങ്ങാൻ പറ്റും അതിൽ നിന്ന് വർഗത്തിലേക്ക് പോകും നടന്നുറങ്ങുന്ന വിദ്വാൻമാർ ഇവരെ ഉണ്ട് അപ്പം പിന്നെ മരണമോന്നെ ഏത് പ്രവൃത്തിയിൽ നിന്നും മരണത്തിലേക്ക് പോവുക അതൊരു വലിയ സംഭവമൊന്നുമല്ല അഭ്യസിച്ചാൽ കുറച്ചുകൂടി ഉള്ളൂ ചില ചോദിക്കും ചിലട് പറഞ്ഞുകൊണ്ട് മരിക്കുന്നത് ഞാൻ ഇത്ര മണിക്ക് മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിക്കുന്നവരുണ്ട് അതും അതിനെ തന്നെ പ്രതീക്ഷിച്ച് അതിനെ കണക്കൂട്ടി ജീവിച്ചാൽ അങ്ങനെയും പറ്റും അതിന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ ശീലിച്ചാൽ മതി ക്രമേണ പറഞ്ഞുകൊണ്ട് മരിക്കാനും പറ്റും ഇത്ര മണിക്ക് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ടാ മണിക്ക് ഉറങ്ങണം ക്രമേണ പറയുന്ന സമയത്ത് മരിക്കാനും പറ്റും അതിന് യോഗികളൊന്നും അല്ലാത്ത സാധാരണ മനുഷ്യർ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം അതിലൊന്നും വലിയ അത്ഭുതത്തിനൊന്നും അവകാശമില്ല അച്ചരിയൊന്നും അല്ലാതെ ഇവിടെ ആശ്ചര്യം തത്വജ്ഞാനമാണ് മറ്റൊന്നുമല്ല അതുകൊണ്ട് മൂടധന്യ നാട്ടിയ ഉത്രിമ്യാദിത്യാദി ഇതുവരെ സത്യശതീത്യാ സംബന്ധമാണ് ഇതെല്ലാം പറയുന്നത് അദ്വൈതിയുടെ കാഴ്ചപ്പാടിലാണ് തത്വജ്ഞാനത്തിന്റെ കാഴ്ചപ്പാടിലാണ് യോഗികളും ഇതിനോട് യോഗിക്കത്തില്ല അവർ എങ്ങനെയല്ല ഞങ്ങൾ അഭ്യാസം ചെയ്ത് മൂടധന്യ നാട് തന്നെയാണ് എന്നാലേ മോക്ഷമുണ്ടാവും എന്നെല്ലാം പറയുന്നു അദ്വൈതത്തിൽ അതിനെ നിലനിൽപ്പില്ല നടക്കും അദ്വൈതം അതിനുവേണ്ടി വിശേഷ പരിശോ വിശേഷ പരിശ്രമവും ചെയ്യുന്നില്ല രുഗ്നോവ വിരുടൻ ഭൂമി മൂർച്ഛിതോവ തിരുത്യ പ്രാണാന് ഭ്രാന്തരണ സംശയം പറയുന്നു രോഗിയായി കിടക്കിടന്നു വെന്റിലേറ്ററിൽ കിടന്നു മൂർച്ഛതിനായി കോമ എന്ന് പറയുന്നത് അങ്ങനെ ദീർഘാകാലം കടന്നിട്ടു രോഗിയായി വളരെ പീഡകൾ അനുഭവിച്ചുകൊണ്ടോ വേദനയോടുകൂടിയോ ഏത് തരത്തിലാണെങ്കിലും ഒരു തത്വജ്ഞാനിക്ക് ശരീരനാശം സംഭവിക്കുക അതും തത്വജ്ഞാനമായിട്ട് യാതൊരു ബന്ധവുമില്ല എം എം വാവിസ്മരൻ ഭാഗം ചന്ദി പളയം എന്ന് പറയുന്നത് ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു ഉപാസന ചെയ്യുന്നവൻ ഉപാസന സംസ്കാരത്തോടു കൂടി പോകുന്നു ആ പറയുന്നതിനെ തത്വജ്ഞാനത്തിന് തന്നെ തത്വബോധത്തോടു കൂടി മരിക്കുന്നവൻ മുക്തനായി തന്നെ മരിക്കുന്നു പറയുന്നു ദേശകാല നിമിത്ത ഫല അഭിസംഖാനേന ഗമനദർശനം ഗമനം എന്ന് ഇങ്ങനെ ഒരു മൂർധന്യ നാടി കൂടെ പോവുക അല്ലെങ്കിൽ ചെയ്തു പോവുക എന്നൊക്കെ പറയുന്നത് ദേശം കാലം നിമിത്തം ഫലം തുടങ്ങിയ കാര്യങ്ങളിലുള്ള ചില ധാരണകൾ വെച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ തത്വജ്ഞാനി നിരുപാധീന ദേശകാല നിമിത്തം ഒന്നിനെ ആശ്രയിക്കുന്നു തൻ്റെ മരണം തൻ്റെ ജീവിതം അക്കാര്യത്തിൽ ഒരു പ്രതിപത്തിയില്ല അതെങ്ങനെ സംഭവിക്കാം രോഗിയായോ നീരോഗിയായോ എങ്ങനെ വേണം സംഭവിക്കുന്നു മറ്റങ്ങനെ യോഗി തൻ്റെ ശരീരം ദൃഢമായിരിക്കണം ശരീരത്തിന് രോഗമൊന്നും വരാൻ പാടില്ല അതുകൊണ്ട് യോഗാഭ്യാസം ചെയ്ത് ശരീരത്തെ ശുദ്ധമാക്കുന്നു ശരീരത്തിന് മലാതാക്കുന്നു അതിന് അടയോഗം സ്വീകരിക്കുന്നു ക്രിയകൾ ചെയ്യുന്നു ഭൗതി ഭക്തി ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നു ശരീരത്തെ പിന്നെ പ്രാണന ശുദ്ധമാക്കുന്നു അങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നു ദേശീയകാല നിമിത്തങ്ങളെ അപേക്ഷതൊക്കെ ചെയ്യുന്നു പിന്നീട് സമാധി പരിശീലിക്കുന്നു അതുകൊണ്ട് താല്പര്യമുണ്ട് യോഗിക്കെന്താണ് താനിങ്ങനെ ഒരു സമാധിയെ പ്രാപിച്ചു സമാധിയിലൂടെ എനിക്ക് ഒരുപക്ഷെ കൽപ്പാന്തം വരെ ശരീരമില്ലാതെ കഴിയണം അണിമാ ദേശ്വര്യങ്ങളോടുകൂടി ഇരിക്കുന്നു ലോകത്തെ അനുഗ്രഹിക്കണം ശിഷ്യന്മാരെ അനുഗ്രഹിക്കണം ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളിൽ വച്ചുകൊണ്ട് അഭ്യാസം ചെയ്യുന്നു അതാണ് യോഗിയുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വാവിളിച്ചിരുന്നു എന്തുകൊണ്ട് അവിടെയെല്ലാം ദേശകാലനിമിത്ത ഫല നിശ്ചയങ്ങളുണ്ട് ഇന്നതിന് വേണം ഇന്നതിനു വേണ്ടി ഇന്നത് അതിൽ കഠിനമായ പരിശ്രമം ചെയ്യുമ്പോൾ അവർക്ക് ഫലം ഉണ്ടാകണം മണിമാതിര്യങ്ങളുണ്ടാവുന്നു അതിൻ്റെ ഫലമായി അവർക്ക് ദിവ്യലോകപ്രാപ്തികൾ ഉണ്ടാകുന്നു അതിനെന്നും ശാസ്ത്രം നിഷേധിക്കുന്നു അദ്വൈതം അനേകം നിഷേധിക്കുന്നു അതൊന്നുമല്ല മുക്തി എന്നറിയും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അതൊന്നും മുക്തി അല്ല അതെല്ലാം കൊണ്ട് എന്താ മറ്റുള്ളവർക്ക് അത്ഭുതം ചരിത്രം കേൾക്കുമ്പോൾ തനിക്ക് യോഗിയാകണമെന്നു തനിക്കും സ്ഥൂല ശരീരമില്ലാതെ ശശ്യന്മാരുടെ മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെടണം അനുഗ്രഹം കൊടുക്കണം ഇതൊക്കെ തോന്നും അങ്ങനെയൊന്ന് സംഭവിച്ചുകൂടാറുണ്ട് എല്ലാ സംഭവിക്കാം പക്ഷേ ദേശീയകാല നിമിത്ത ഫല നിശ്ചയം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് തത്വജ്ഞാനത്തിൽ ഇതെല്ലാം വരും തുച്ഛം തത്വജ്ഞാനിക്കിതിലൊന്നും യാതൊരു ആശ്ചര്യമില്ല ഒരാൾ എന്തെങ്കിലും അഭ്യാസം കാണിക്കട്ടെ എന്തെങ്കിലും സർക്കസ് കാണിക്കട്ടെ ലോകം മുഴുവൻ്റെ പിന്നാലെ കൂടട്ടെ തത്വജ്ഞാനത്തിൻ്റെ നിലയിൽ ഇതെല്ലാം വെറും തുച്ഛമായ കാര്യങ്ങളാണ് ഞാൻ കൃതകൃത്യനാണ് ഇനി എന്തെങ്കിലും നേടാനില്ല പരലോകമോ ദിവ്യശരീരമോ ഒന്നും ഞാൻക്ക് നേടേണ്ട കാര്യമില്ല ർശന സത്യാസന്ധ്യകാല അനർദാഭിസംബത്തിൽ അത് സത്യഭിസന്ധ്യ സത്യനിഷ്ഠനാണ് ആത്മനിഷ്ഠനാണ് ജ്ഞാനനിഷ്ഠനാണ് അങ്ങനെയുള്ള അദ്വിതിക്ക് സദാത്മീകത്വദർ സദാത്മീകത്വം സാറിന് പറയുന്ന ജീവാത്മ പരമാത്മീയത്വം എന്ന് പറയുന്നതിനാണ് ഇവിടെ പറയുന്ന ഈ ഭാഷയാണ് സദാത്മീയത്വം ആ സത്വം സസ്വരവും ഒന്ന് തന്നെ ഈ ബോധം അങ്ങനെയുള്ള തത്വജ്ഞാനിക്ക് ദേശം കാലം നിമിത്തം ഫലം തുടങ്ങിയ അനതങ്ങളിൽ അഭിസന്ധി അതിലഭിവാം ചെയ്യുന്നില്ല അതിലവർ മുറുകെ പിടിക്കുന്നില്ല അതിനുവേണ്ടി അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ പറയുന്ന ഒന്നും സംഭവിക്കത്തില്ല ഇങ്ങനെ മൂർധന്യ നാടിയിലൂടെ ആദ്യത്തെ ലോകത്തിൽ പോവുക അങ്ങനെ അണിമാതി ഐശ്വര്യങ്ങൾ സമ്പാദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തത്വജ്ഞാനിയിൽ അതിനുവേണ്ടിയുള്ള ഒന്നും സംഭവിക്കുന്നില്ല എന്ന പക്ഷെ തത്വജ്ഞാനികളിൽ തന്നെ ചിലർ അത്ഭുതങ്ങളെല്ലാം കാണിക്കുന്നു മറ്റും കാണുന്നുണ്ടല്ല അന്ന് തത്വജ്ഞാനത്തിൻ്റെ ഫലമല്ല അവരുടെ പൂർവാർജിതമായ സംസ്കാരത്തിൻ്റെ ഫലം വർത്തമാന ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ ചെയ്ത സാധനങ്ങളുടെ ഫലമായിട്ട് അവർ ചില അത്ഭുതങ്ങളെല്ലാം പ്രകടമായെന്ന് വരാം ബോധപൂർവം പ്രകാശിപ്പിക്കുന്നതുമാകത്തു അവർ സഹജമായ വിഭൂതികൾ പ്രകടമായേക്കാം അസാധാരണത്വം അസാമാന്യത അലൗകികത്വം അതീന്ദ്രിയത്വം തുടങ്ങിയ ധർമ്മങ്ങൾ വിശേഷജ്ഞാനം വിശേഷ വിഷയജ്ഞാനങ്ങൾ പരഹൃദയജ്ഞാനം കാലാതീതജ്ഞാനം ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അതൊന്നും തത്വജ്ഞാനത്തിന്റെ ഫലമല്ല പൂർവ്വ സംസ്കാരത്തിന്റെ ഫലം തപസ്സിന്റെ ഫലം അതൊന്നും സംഭവിച്ചുകൂടാന്നല്ല പറയുന്നു പക്ഷെ തത്വജ്ഞാനവും അതുമായിട്ട് ബന്ധമില്ലെന്നാണ് പറയുന്നത് ജ്ഞാനിയുടെ സമാധി എന്ന് പറയുന്നത് സഹജഭാവം സഹജ സമാധി അത് കണ്ണടച്ച് നിശ്ചലമായിരിക്കുന്ന ജീവസമാധിയാണ് ജീവന്റെ സമാധി ജീവന്റെ മനസ്സിന്റെ നിരോധം കൊണ്ട് സംഭവിക്കുന്നതാണ് അത് തത്വജ്ഞാനം മാത്രം കണ്ണടച്ചിരിക്കുന്നു കണ്ണ് തുറന്നിരിക്കുന്നു ശരീരം ചലിക്കുന്നു ചലിക്കുന്നില്ലയോ ഉണ്ണുന്നോ ഉറക്ക ഉറങ്ങുന്നോ അത്തരം ഭേദങ്ങളൊന്നുമില്ല അതാണ് സദാത്മീകത്വദർശി എന്ന് പറയുന്നത് അവരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല വിരോധ ഇരുണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ചെറിയൊരു തത്വജ്ഞാനി അങ്ങനെ അവസാനം പ്രാണനം നിരോധിച്ച് സമാധിയെ പ്രാപിച്ചാലോ അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു നുറങ്ങുന്നത് പ്രാണനം നിരോധിച്ചെന്തെങ്കിലും അഭ്യാസം ചെയ്തിട്ടുണ്ട് അത് സഹജമായി സംഭവിക്കുന്നതാണ് ഇപ്പൊ തത്വജ്ഞാനിയുടെ മരണവും സഹജമായി സംഭവിക്കുന്നു എന്നാലേ തത്വജ്ഞാനിയാണ് സഹജം എന്ന് വെച്ച് അന്തോദ്ദേശിച്ച പ്രാരബ്ധത്തിനനുസരിച്ച് അതെങ്ങനെയും ശരി അവിടെ കർത്തൃത്വ ഭോക്തൃത്വത്തോടു കൂടിയോ യാതൊരു അഭ്യാസവും സഹജമായി ഇങ്ങനെ വന്നാലും ഇവിടെ പറഞ്ഞ കാലദേശ നിമിത്ത ഫല അഭിസന്ധാനം കൊണ്ടുവരുന്ന ഒരു ക്രിയയും ഒരു അഭ്യാസവും തത്വജ്ഞാനിയിലെ മരണത്തിന് വേണ്ട പിന്നെ ജീവന വ്യാപാരം പോലെ ഉണ്ണുന്നതും ഉറങ്ങുന്നതും പോലെ തത്വജ്ഞാനിയിലും അതുപോലെ എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ അതിന് ഞാനുമായിട്ട് വിരോധം സംഭവിക്കത്തില്ല മരിച്ചാണെങ്കിൽ വിരോധ വിരോധമാണ് അവിദ്യാകാമകർമ്മാംശ ഗമന നിമിത്താനം സദ്വിജ്ഞാനഹുഹുതാശന വിപ്ലിഷ്ടത്വ ഗമനാനുഭവത്തിലോ അതൊരു തത്വജ്ഞാനിൽ ഒരിക്കലും ഗമനം സംഭവിക്കത്തില്ല അവിദ്യാകാമകർമ്മ ഗമന നിമിത്താനം ഈ ഗമനത്തിന് നിമിത്തമായിട്ടുള്ള അവിദ്യാകാമകർമ്മങ്ങൾ അത് സത് വിജ്ഞാനം ഹുതാശനം സദ്വിജ്ഞാനം അതാണ് ഇവിടെ പറയുന്നത് സദ്വിജ്ഞാനമാകുന്ന ഹുതാശനം അഗ്നിയിൽ വിപ്ലിഷ്ടമായി ദഹിച്ചു പോയി ദഹിച്ചു ഭസ്മമായി ഈ പറയുന്ന അഭ്യാസങ്ങൾക്കെല്ലാം ഉള്ള നിമിത്തം കർത്തൃത്വം ഭൂക്തൃത്വം അതിന് സർവ്വതും ജ്ഞാനാഗ്നി ദഹിച്ചു ഗമനാനുഭവം പിന്നെ ഗമനമൊന്നും ലപനം സംഭവിക്കുന്നെങ്കിൽ അതിന്റെ ഹേതുക്കളോ അതിന്റെ സാധനങ്ങളോ ഒന്നും തന്നെ അതിന് പ്രത്യേകിച്ച് നിയമമില്ലാതെ നടത്തും തത്വജ്ഞാനിയുടെ സത്സമ്പത്തി അല്ലെങ്കിൽ ശരീരനാശം പറയുന്നു പര്യാപ്ത കാമസ് മനസ്സു ഹൈവ സർവേ പ്രബലീയന്തി കാമാഹ ഇത്യാദി ആധാരങ്ങളെ പര്യാപ്ത കാമനാണ് സർവകാമങ്ങളോ കൃത്യാത്മന ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞവനാണ് അതുകൊണ്ട് തന്നെ ഹൃദയശുദ്ധിയുള്ളവനാണ് അവൻ്റെ കാമനകളെല്ലാം ഇവിടെ അവസാനിച്ചു ജ്ഞാനം കൊണ്ട് ദയിച്ചു അതുകൊണ്ട് പിന്നീട് കാമന കൊണ്ട് പിന്നീട് ഗമനങ്ങളൊന്നുമില്ല നദീ സമുദ്ര ദൃഷ്ടാന്തശ്രുതി നദീ സമുദ്ര ദൃഷ്ടാന്തശ്രുതിയല്ല ഇതിനെയാണ് കാണിക്കുന്നത് ഇവിടെ േവോധുവാച സമാനം മരിഷ്യോ മുക്ഷതസംപത്തി തത്ര വിദ്വാൻ സത്സമ്പന്നോ നവർത്തേ ആവർത്തൻ കാരണം ദൃഷ്ടാന്തന ഭൂമി മാ ഭഗവാൻ വിജ്ഞാപയത് ഇതി തഥാസ്വാമീവാസ വിദ്വോ അവിദ്നും സത്സമ്പത്തി ഒരുപോലെയാണ് വിദ്വനും അവിദ്വാനും ഉറക്കം ഒരുപോലെയാണ് വിദ്വനും അവിദ്വാനും മരണവും ഒരുപോലെയാണ് പറഞ്ഞു ഇവിടെ പറയുന്നത് എന്താണ് സത്സമ്പത്തി ഒരുപോലെയാണ് വിദ്വാനും അവിദ്വാന് സസമ്പത്തി പറയുന്നത് എവിടെയൊക്കെയാ സുഷ്ടയിലും മരണത്തിലൊക്കെയാണ് സസമ്പത്തി പറയുന്നത് വിദ്വാനെ സംബന്ധിച്ചും അവിദ്വാനെ സംബന്ധിച്ചും അത് തുല്യം തന്നെ എന്ന് പറഞ്ഞു വിദ്വാനം ഉറങ്ങുമ്പോഴും അവിദ്വാനുറങ്ങുമ്പോഴും വിദ്വാൻ മരിക്കുമ്പോഴും അവിദ്വാൻ മരിക്കുമ്പോഴും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരുപോലെ തന്നെ പക്ഷെ വിദ്വാൻ സത്സമ്പന്ന ആവർത്തനം വ്യത്യാസം ഇതാണെന്താണ് വിദ്വാൻ സത്സമ്പത്തിയിൽ നിന്നും പിന്നീട് ആവർത്തിക്കുന്നില്ല എന്നാ പിന്നെ വിദ്വാൻ ഉറങ്ങിയിട്ടെന്താ ആവർത്തിക്കുന്നത് അവിദ്വാനുറങ്ങിയിട്ട് ആവർത്തിക്കുന്നുണ്ട് വിദ്വാനും ആവർത്തിക്കുന്നുണ്ട് അവിടെ സത്സമ്പത്തി ഉണ്ടല്ലോ അതിനാണ് ഇവിടെ പ്രാരംഭത്തെ പറഞ്ഞത് നശിക്കാത്തോ വിദ്വാന്റെ അവസാനത്തെ ഉറക്കമാണ് മരണം അത് മരണവും ഉറക്കവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല സത്സമ്പത്തി എന്നുള്ള ആ സ്വരൂപത്തിൽ ഒരു വ്യത്യാസം പിന്നെ വ്യത്യാസം വരുന്നത് എന്താണോ മരിച്ചിട്ടാ ശരീരത്തിലേക്ക് ഉണർന്നു വരുന്നില്ല ഉറങ്ങിയിട്ട് ആ ശരീരത്തിലേക്ക് ഉണർന്നു വരുന്നു പ്രാരബ് അതുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു മരിച്ചാണെങ്കിലും ഒരു വ്യത്യാസം എന്തുകൊണ്ട് ഈ വ്യത്യാസം സംഭവിക്കുന്നു എന്നത്വവിദ്വാൻ അവിദ്വാനിങ്ങനെ വീണ്ടും തിരിച്ചു വരുന്നു വിദ്വാൻ തിരിച്ചു വരുന്നില്ല ഇത് എത്ര കാരണം ദൃഷ്ടാന്തേനുഭൂമ ഭഗവാൻ വിജ്ഞാപിച്ചു അത് ദൃഷ്ടാന്ത സഹിതം ഉദാഹരണ സഹിതം വിശദീകരിക്കണം എന്നാ പറയാം പിതാവ് പറയുന്നു േം അകാശീസ്മീ തപത്തെതിർ തേ സോനൃതന്ധോ അനുതേനാത്മാനമന്ത്യ പരശിം തപ്തം പ്രതിഗൃണതി അഥ യു തസ് അപർ തതേവ സത്യം ആത്മാനം സ സത്യസന്ധ സത്യനാത്മാനമന്തർയ പരശു തപ്തം പ്രതിഗൃണതി സ സേത സേഷണമേദവിധംസാത്മാമേതേതോ തദ്ധജ ർമ്മണി സന്ധിഹ്യമാനം നിഗ്രഹായ പരീക്ഷണായു പറഞ്ഞ പോലീസുകാർ ഒരു ചൗരനെ കള്ളനെ കള്ളനെന്ന് സന്ദേഹിക്കുന്നു കയ്യോടെ പിടിച്ച കള്ളനല്ല സന്ദേഹം മോഷ്ടിച്ചെന്ന് അവനെ ശിക്ഷിക്കുന്നതിനു വേണ്ടി പരീക്ഷണായ അതൊന്ന് തീരുമാനിക്കുന്നു ഹസ്തഗ്രഹീതം കൈയെല്ലാം ബന്ധിച്ച് ആനയെന്തി രാജാവിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവരും കള്ളനാണെന്ന് സംശയമുണ്ട് ഉടനെ ജഡ്ജി ജോഗിൻ എന്ത് ചെയ്തു പറയുന്നു അപകാഷി ധനം അസ്യായം ഇവന്റെ പണത്തെ പണം പ്രത്യേകിച്ച് ആഹു അപഹരണം മാത്രമാണ് പുനരാഹു കാശി അപഹരിക്കുക ഇവന്റെ കാശ് പോയി മറ്റവന്റെ കയ്യിലെത്തി അതിപ്പോ കാണാതെ എടുത്തതല്ല ചിലപ്പോൾ കൊടുത്തതുമാകാമല്ലോ ഒരാളുടെ കാശ് വേറെ കൈ വരുന്നത് കൊടുത്തതുമാകാം അവൻ്റെ കാശ് അവൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് അവനെ കള്ളനെന്ന് പറയുന്നത് ശരിയില്ല ദുന ബന്ധന പ്രസംഗം ദാനം ചെയ്താലും അത് വാങ്ങുന്നവന കള്ളനെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ സംശയിക്കുക അതുകൊണ്ട് വീണ്ടും പോലീസുകാർ പറഞ്ഞ് സ്ഥേയം അകാർഷി ചൗര്യണ് ധനം അപഹാർഷി അങ്ങനെയല്ല മോഷ്ടിക്ക തന്നെ ചെയ്യും എന്നെ ഉറപ്പിക്കുകയാണ് പ്രോസിക്യൂഷൻ ഭാഗത്ത് എന്ന് പറയുന്നത് ഇതൊരു അപകടത്തിന് നാഹം തത്കാലത്തും പറയാണ് പ്രതി പറയാണ് ഞാൻ നിരപരാധിയാണ് ഞാൻ ഇതിന് തൊട്ടിട്ടേ ഇല്ല അപഹ്നുതെ തന്റെ മേലിൽ വന്ന ആരോപണത്തെ നിഷേധിക്കുന്നു തേജാവു സന്ധിഹ്യമാണ് സ്തേം ആകാശി തോമസ്യ ധനസ്യം മറ്റൊരു വിടുന്നില്ല അവരും അങ്ങനെയല്ല ബലമായും എന്നെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രോസിക്യൂഷൻ പറയും നീ തന്നെയാണ് ഇത് ചെയ്തത്യസ്റ്റ് അബ്നുവാനാഹു അവൻ പറയുന്നു അല്ല കണ്ണൻ സംശയിച്ചോം പറയണില്ല ഞാൻ തൊട്ടിട്ടില്ല അപ്പോ ജഡ്ജി പറയുന്നത് ശരി ഒരു കാര്യം ഞാൻ പരസ്യം അസ്മിത്തപ്പത്ത ഒരു നല്ല കോടാലി തീയിലിട്ടൊന്നും ഒലയിലിട്ടൊന്നും പഴിപ്പിക്കുക ഇപ്പൊ തെളിയിക്കുക ശോധയുദ്ധാത്മാനം ശരി ഒന്ന് പരിശോധിച്ചു കള്ളം വേണമെങ്കിലും പറയാം അങ്ങനെയാണെങ്കിൽ എൻ്റെ കൈ ഒന്ന് പൊള്ളിച്ചോ ഞാൻ തീ തൊട്ട് സത്യം ചെയ്യാമെന്ന് പറയില്ല അത് തന്നെ വാസ്തവമല്ല ഈ പറയുന്നത് ഇതൊരു ഭയപ്പെടുത്തൽ മാത്രമാണ് നിന്നെ കോടാലി പഴിപ്പിച്ച് അതിന് കയറ്റിയിരുത്തു ഇപ്പം സത്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് പഴിപ്പിക്കാനും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ സത്യം പറയും കാരണം അതിലിരുന്ന് നാശമാകുന്നതിനും തന്നെ സത്യം പറയുന്നതാണെന്ന് നമ്മൾ വിചാരിക്കും അത്രയേ ഉള്ളു അല്ലാതെ എന്നുള്ള അർത്ഥം കൊടുക്കരുതാണ് അതിന്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നാണ് ജഡ്ജി പറയുന്നത് അവൻ മോഷ്ടിച്ചിട്ടുള്ളവനാണെങ്കിലും അവൻ്റെ കൈ കൊള്ളും അവൻ്റെ പെട്ടെന്ന് പരസ്യം കൂടാലി പഴിപ്പിച്ചു കൊണ്ടുപോകുന്നു ഇത് കേൾക്കുമ്പോൾ കള്ളൻ ചെയ്തവൻ എന്താ ഉറപ്പ് കൊള്ളത്തില്ല എന്നുള്ളത് അതുകൊണ്ടവൻ പറയും പുള്ളിക്കരുതേ എന്തായാലും അവനറിയത് വെച്ച് കഴിഞ്ഞാൽ പൊള്ളു അതുകൊണ്ട് സത്യം പറയുന്ന പണ്ട് കള്ളം തെളിയിക്കുന്ന ഇങ്ങനെ കള്ളം ചെയ്യാത്തവനും പറഞ്ഞു കള്ളം ചെയ്യണമെന്നില്ല മോഷിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയല്ലോ കൊള്ളത്തില്ലല്ലോ അതിന്റെ പശ്ചാത്തലം എന്താണ് സത്യം ഇപ്പൊ കള്ളനാണെങ്കിൽ പൊള്ളും കള്ളനാണെങ്കി പൊള്ളത്തില്ല അങ്ങനെ ഒരർത്ഥമില്ല അശ്വര്യത്തില്ല അങ്ങനെങ്കിൽ മഴ ചൂടാക്കിയിട്ട് ആ ജഡ്ജിയുടെ കൈ വെച്ച് നോക്കി അറിയാം പൊള്ളുമില്ലേ എന്നുള്ളത് അയാൾ മോഷ്ടിച്ചില്ലല്ലോ മോഷ്ടിച്ചത് കള്ളനല്ലേ അയാൾ എന്തായാലും സത്യം ചെയ്ത അയാളെന്തായാലും മോഷ്ടിച്ചില്ല അയാളെ കൈ വെച്ചാൽ പൊള്ളൂ ജഡ്ജിയുടെ കൈ വെച്ചാൽ പൊള്ളൂ ബുദ്ധിമാനാണ് കള്ളനെങ്കിൽ പറയുന്ന സാറിന്റെ കയ്യിലെന്ന് വെച്ച് പിന്നെ എന്റെ കൈ വയ്ക്കുക സാറെന്തായാലും മോക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത് അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നു അങ്ങനെ തീ തൊട്ട പൊള്ളാതിരിക്കണമെങ്കിൽ നല്ല യോഗികൾ മറ്റുമായിരിക്കണം അങ്ങനെയുള്ള യോഗാഭ്യാസമൊക്കെ ശീലിച്ചിട്ടുള്ളവർ ചിലപ്പോൾ തീ തൊട്ട പൊള്ളാതിരിക്കും അല്ലാതെ കള്ളനെ പിടിച്ചോണ്ട് വന്നിട്ട് കള്ളൻ തെളിയിക്കാൻ തീ തെളിച്ചു കഴിഞ്ഞാൽ മോഷിച്ചാലും മോഷിച്ചില്ലെങ്കിലും പൊള്ളു കാര്യമാണ് അല്ലെങ്കിൽ അത്രയും പിന്നെ തപസ് ചെയ്ത് അതിനപ്പുറം പോയി അത് അപൂർവം പേരല്ലേ കള്ളനെ അതിന് കിട്ടുമോ സാധാരണ മനുഷ്യരിൽ അങ്ങനെയുള്ളവർ കാണത്തില്ലല്ലോ അപ്പം ഇതൊരു വച്ച അർത്ഥത്തി എടുക്കുന്നുണ്ട് പരീക്ഷണമാണ് ഭയപ്പെടുക്കാറുണ്ട് പഴിപ്പിച്ചു കൊണ്ടുവരിക ഇത് കാണുമ്പോൾ അവൻ വിളിച്ച് പറയായോ ഞാനത് ചെയ്തിട്ടില്ല ുറപ്പിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എന്താണോ സത്യമാണോ പറയുന്നു കാരണം പുള്ളിക്കൊന്ന് ഉറപ്പ് വന്നിട്ടും പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ സത്യമാണ് പുള്ളിക്കൊന്ന് ഉറപ്പുള്ളപ്പോൾ പിന്നെങ്ങനെയാ ആ പറയുന്നതിനുള്ള ബലം ആത്മബലം ഉള്ളവൻ സത്യം ഉള്ളവനാണെന്ന് മനസ്സിലാക്കും ഇനി പൊള്ളിയാ എന്ന് നമ്മൾ വിളിച്ച് പറയണേ ഞാൻ ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കള്ള കള്ളനാണെങ്കിൽ അങ്ങനെയല്ല എന്റെ അടുത്ത് എത്തുമ്പോൾ ചൂടടിക്കുമ്പോൾ തന്നെ പറയും ഞാൻ തന്നെയാണെന്ന് പറയും അതാണ് ആ പരീക്ഷ എന്നാ പൊള്ളിക്കുന്ന പരീക്ഷ സേദി പറയുന്നു തസ്യ തീ കിടത്താ പോകും അങ്ങനെ ആണെങ്കിൽ എന്നാണ് കള്ളനാണെങ്കിൽ കൊള്ളത്തില്ലെന്നല്ല അങ്ങനെയാണെങ്കിൽ ബഹിസ്ഥാപ്യത അവൻ പുറമേ പറയണേ ഞാൻ മോഷ്ടിച്ചില്ല ഉള്ളിൽ അവൻ കള്ളനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവൻ അവസാന നിമിഷം വരെ അവൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പറയണം ജഡ്ജി പറയണ അവൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് മനസ്സിൽ പുറമേ പറയണം ഇപ്പം കള്ളൻ ചെയ്തിട്ടുള്ളവനാണെങ്കിൽ തീർച്ചയായും പൊള്ളും അല്ലെങ്കിൽ പൊള്ളത്തില്ല അങ്ങനെയല്ലേ പറയത്തുള്ളൂ ജഡ്ജി അവൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നതല്ലേ ജഡ്ജി അങ്ങനെയാണെങ്കിൽ കള്ളം ചെയ്തില്ലെങ്കിൽ പൊള്ളത്തില്ല കള്ളം ചെയ്തെങ്കിൽ പൊള്ളും അതുകൊണ്ട് അങ്ങോട്ട് പിടിപ്പിക്കുക എന്ന് പറയും അപ്പോൾ അവർ പിടിപ്പിക്കാൻ തയ്യാറാകുന്നു അവൻ്റെ കൈയ്യെ അതിൽ വയ്ക്കാൻ തുടങ്ങുന്നു അപ്പോൾ നില വിളിക്കുന്നു ഞാൻ സത്യം പറയാമേ എന്നെ പൊള്ളിക്കല്ലേ എന്നിങ്ങനെ നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്